യൂണിറ്റ് ലെവൻ ലെസൺ ഫോർട്ടി സെവൻ ലിസൺ ഉള്ളി മക്കളുടെ കല്യാണ കാര്യം എന്താ രാഘവൻപിള്ള മുഖത്തൊരു മ്ലാനത എന്തു പറയാനാ ചേട്ടാ എത്ര പറഞ്ഞിട്ടും രവി ആ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല ആ പെൺകുട്ടിയെ കണ്ടിട്ടും അവൻ അതേ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നോ അവൻ പോയി പെണ്ണിനെ കണ്ടില്ലല്ലോ ഫോട്ടോ പോലും കാണാതെ തന്നെ തീരുമാനിച്ചു അവനിപ്പോൾ വേണ്ടത്രേ അതിൽ തെറ്റില്ല അവനിപ്പോൾ ഇരുപത്തഞ്ചു വയസ്സായി അത്രേ ഉള്ളല്ലോ നമ്മൾക്കൊക്കെ അച്ഛനമ്മമാരുടെ നിർബന്ധം കൊണ്ട് ചെറുപ്പത്തിലെ കല്യാണം കഴിക്കേണ്ടി വന്നു നമ്മുടെ പിള്ളേരെങ്കിലും കുടുംബ പ്രാരബമൊന്നും ഇല്ലാതെ കുറെ നാൾ സുഖമായിരിക്കട്ടെ അഞ്ചാറു വർഷം കൂടെ കഴിയട്ടെ അപ്പോ അവന് തന്നെ തോന്നിക്കോളും എന്നിട്ട് അവന്റെ ഇഷ്ടം പോലെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊള്ളട്ടെ അപ്പോ ചേട്ടനും അവന് കൂട്ടുനിൽക്കുന്നു കാല മാറിയില്ലേ രാഘവൻപിള്ളെ കല്യാണത്തിന്റെ കാര്യത്തിൽ നമ്മൾ മക്കളെ ും നിർബന്ധിച്ചുകൂടാ അവരവരുടെ ഇഷ്ടത്തിന് വിടണം മക്കളുടെ ഇഷ്ടമറിഞ്ഞ് അച്ഛനമ്മമാർ പ്രവർത്തിക്കണം അപ്പോ ഇതിലെന്തോ സൂത്രമുണ്ട് രവി ഏതെങ്കിലും കുട്ടിയെ പറ്റി ചേട്ടനോട് പറഞ്ഞോ എന്നോടൊന്നും പറഞ്ഞില്ല ഇപ്പോഴത്തെ പിള്ളേർ അവരുടെ ഇഷ്ടമൊക്കെ ആരോടെങ്കിലും പറഞ്ഞുകൊണ്ട് നടക്കുമോ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു അത്രേ ഉള്ളു ഏതു കാര്യത്തിലും ചേട്ടൻ ചിരിച്ചോണ്ട് ഒരഭിപ്രായം പറയും പക്ഷെ ഞാനിനി എന്തു ചെയ്യട്ടെ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഞാൻ വാക്കു കൊടുത്തു എന്നെ പറ്റി അവരെന്ത് കരുതും കുറ്റം തൻ്റെത് തന്നെ രവിയോട് ആലോചിക്കാതെ താൻ എന്തിനു വാക്കുകൊടുക്കാൻ പോയി ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ സ്വഭാവം മനസ്സിലാക്കി താൻ പെരുമാറണമായിരുന്നു ഇഷ്ടം പോലെ വഴക്കു പറഞ്ഞു കൊള്ളണം പക്ഷെ എങ്ങനെയെങ്കിലും എന്നെ ഈ ഏടാകൂടത്തിൽ നിന്ന് നാളെ അവരുടെ ആൾക്കാർ കാര്യമുറപ്പിക്കാൻ വന്നേക്കും അപ്പോ ഞാൻ അവരുടെ മുമ്പിൽ സ്ഥലം ഒലിക്കേണ്ടി വരുമല്ലോ അതാണ് എന്റെ ചിന്ത ഇനി ഇപ്പോൾ പശ്ചാത്തലിച്ചിട്ട് കാര്യമില്ല താൻ ഇത് ഓർത്തിരുന്ന് ഉറക്കമിളയ്ക്കണ്ട സുഖമായി കിടന്നുറങ്ങണം നാളെ ഞാൻ വന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം എന്താ രാഘവൻ പിള്ളെ മുഖത്തൊരു ്ലാനത എന്താ രാഘവൻ പിള്ളെ മുഖത്തൊരു മ്ലാനത എന്തു പറയാനാ ചേട്ടാ എന്ത്യാനാ ചേട്ടാ എത്ര പറഞ്ഞിട്ടും രവി ആ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല എത്ര പറഞ്ഞിട്ടും രവി ആ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല ആ പെൺകുട്ടിയെ കണ്ടിട്ടും പെൺകുട്ടിയെ കണ്ടിട്ടും അവൻ അതേ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു അവൻ അതേ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നോ അവൻ പോയി പെണ്ണിനെ കണ്ടില്ലല്ലോ അവൻ പോയി പെണ്ണിനെ കണ്ടില്ലല്ലോ ഫോട്ടോ പോലും കാണാതെ തന്നെ തീരുമാനിച്ചു ഫോട്ടോ പോലും കാണാതെ തന്നെ തീരുമാനിച്ചു അവനിപ്പോൾ കല്യാണം വേണ്ടത്രേ അവനിപ്പോൾ കല്യാണം വേണ്ടത്രേ അതിൽ തെറ്റില്ല അതിൽ തെറ്റില്ല അവനിപ്പോൾ ഇരുപത്തഞ്ചു വയസ്സായി അവനിപ്പോൾ ഇരുപത്തഞ്ചു വയസ്സായി അത്രേ ഉള്ളല്ലോ അത്രേ ഉള്ളല്ലോ നമ്മൾക്കൊക്കെ അച്ഛനമ്മമാരുടെ നിർബന്ധം കൊണ്ട് നമ്മൾക്കൊക്കെ അച്ഛനമ്മമാരുടെ നിർബന്ധം കൊണ്ട് ചെറുപ്പത്തിലെ കല്യാണം കഴിക്കേണ്ടി വന്നു ചെറുപ്പത്തിലെ കല്യാണം കഴിക്കേണ്ടി വന്നു നമ്മുടെ പിള്ളേരെങ്കിലും നമ്മുടെ പിള്ളേരെങ്കിലും കുടുംബ പ്രാരബമൊന്നുമില്ലാതെ കുറൊൾ സുഖമായിരിക്കട്ടെ കുറേ നാൾ സുഖമായിരിക്കട്ടെ അഞ്ചാറ് വർഷം കൂടെ കഴിയട്ടെ അഞ്ചാറ് വർഷം കൂടെ കഴിയട്ടെ അപ്പോ അവന് തന്നെ തോന്നിക്കോളും അപ്പോ അവന് തന്നെ തോന്നിക്കോളും എന്നിട്ട് അവൻറെ ഇഷ്ടം പോലെ എന്നിട്ട് അവന്റെ ഇഷ്ടം പോലെ ഒരു കുട്ടിയെ കല്യാണം കഴിച്ചു ഒരു കുട്ടിയെ കല്യാണം കഴിച്ചു കൊള്ളട്ടെ അത് കൊള്ളാം അത് കൊള്ളാം അപ്പോ ചേട്ടനും അവന് കൂട്ടു അപ്പോ ചേട്ടനും അവന് കൂട്ടുനിൽക്കുന്നു കാലം മാറിയില്ലേ രാഘവൻപിള്ള കാലം മാറിയില്ലേ രാഘവൻ പിള്ളെ കല്യാണത്തിന്റെ കാര്യത്തിൽ കല്യാണത്തിന്റെ കാര്യത്തിൽ നമ്മൾ മക്കളെ ഒട്ടും നിർബന്ധിച്ചുകൂടാ നമ്മൾ മക്കളെ ഒട്ടും നിർബന്ധിച്ചുകൂടാ അവരവരുടെ ഇഷ്ടത്തിന് വിടണം അവരവരുടെ ഇഷ്ടത്തിന് വിടണം മക്കളുടെ ഇഷ്ടമറിഞ്ഞ് അച്ഛനമ്മമാർ പ്രവർത്തിക്കണം മക്കളുടെ ഇഷ്ടമറിഞ്ഞ് അച്ഛനമ്മമാർ പ്രവർത്തിക്കണം അപ്പോ ഇതിലെന്തോ സൂത്രമുണ്ട് അപ്പോ ഇതിലെന്തോ സൂത്രമുണ്ട് രവി ഏതെങ്കിലും കുട്ടിയെ പറ്റി ചേട്ടനോട് പറഞ്ഞു രവി ഏതെങ്കിലും കുട്ടിയെ പറ്റി ചേട്ടനോട് പറഞ്ഞു എന്നോടൊന്നും പറഞ്ഞില്ല എന്നോടൊന്നും പറഞ്ഞില്ല ഇപ്പോഴത്തെ പിള്ളേർ അവരുടെ ഇഷ്ടമൊക്കെ ഇപ്പോഴത്തെ പിള്ളേർ അവരുടെ ഇഷ്ടമൊക്കെ ആരോടെങ്കിലും പറഞ്ഞുകൊണ്ട് നടക്കുമോ ആരോടെങ്കിലും പറഞ്ഞുകൊണ്ട് നടക്കുമോ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു അത്രയേ ഉള്ളൂ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു അത്രയേ ഉള്ളൂ ഏതു കാര്യത്തിലും ചേട്ടൻ ചിരിച്ചുകൊണ്ട് ഒരഭിപ്രായം പറയും ത്തിലും ചേട്ടൻ ചിരിച്ചോണ്ട് ഒരഭിപ്രായം പറയും പക്ഷേ ഞാൻ ഇനി എന്തു ചെയ്യട്ടെ പക്ഷേ ഞാൻ ഇനി എന്തു ചെയ്യട്ടെ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഞാൻ വാക്കുകൊടുത്തു പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഞാൻ വാക്കുകൊടുത്തു എന്നെ പറ്റി അവരെ കരുതും എന്നെ പറ്റി അവരെന്തു കരുതും കുറ്റം തന്റേത് തന്നെ കുറ്റം തന്റേത് തന്നെ രവിയോട് ആലോചിക്കാതെ താൻ എന്തിനു വാക്കുകൊടുക്കാൻ പോയി രവിയോട് ആലോചിക്കാതെ താൻ എന്തിനു വാക്കുകൊടുക്കാൻ പോയി ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ സ്വഭാവം മനസ്സിലാക്കി ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ സ്വഭാവം മനസ്സിലാക്കി താൻ പെരുമാറണമായിരുന്നു ചേട്ടന്റെ ഇഷ്ടം പോലെ വഴക്ക് പറഞ്ഞുകൊള്ളണം ചേട്ടന്റെ ഇഷ്ടം പോലെ വഴക്ക് പറഞ്ഞുകൊള്ളണം പക്ഷേ എങ്ങനെയെങ്കിലും എന്നെ ഈ എടാകുടത്ത് നിന്ന് രക്ഷിക്കണം പക്ഷേ എങ്ങനെയെങ്കിലും എന്നെ ഈ ഏടാകൂടത്തിൽ നിന്ന് രക്ഷിക്കണം നാളെ അവരുടെ ആൾക്കാർ കാര്യമുറപ്പിക്കാൻ വന്നേക്കും നാളെ അവരുടെ ആൾക്കാർ കാര്യമുറപ്പിക്കാൻ വന്നേക്കും അപ്പോ ഞാൻ അവരുടെ മുമ്പിൽ തല വരുമല്ലോ അപ്പോ ഞാൻ അവരുടെ മുമ്പിൽ തല കുനിക്കേണ്ടി വരുമല്ലോ അതാണ് എന്റെ ചിന്ത അതാണ് എന്റെ ചിന്ത ഇനിയിപ്പോൾ പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല ഇനി ഇപ്പോൾ പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല താൻ ഇത് ഓർത്തിരുന്ന് ഉറക്കമിളയ്ക്കണ്ട താൻ ഇതോർത്തിരുന്ന് ഉറക്കം വിളയ്ക്കണ്ട സുഖമായി കിടന്നുറങ്ങണം സുഖമായി കിടന്നുറങ്ങണം ഞാൻ വന്ന് നാളെ ഞാൻ വന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം